ദൈവം കളിപ്പിച്ച ആലോചനകൾക്കായിട്ട് ഞാൻ ദൈവത്തെ ആസ്തുതിക്കുന്നു ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതിരിക്കുക മുൾപ്പെടാതിരിക്കുക നന്ദിയുള്ളവരായിരിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ നിങ്ങൾ അഞ്ച് കാര്യങ്ങളും അൺസെറ്റിൽഡായിട്ടൊന്നും ഉണ്ടാകാതിരിക്കുക ഞാൻ എങ്ങനെയാണ് ഓർക്കുകയാണ് എങ്ങനെയാണ് നമുക്കിതൊക്കെ സാധിക്കുക നമ്മൾ മനുഷ്യരാണ് നമ്മുടെ ബലഹീനരാണ് എന്ന് നമ്മൾ തന്നെ പറയുമ്പോൾ നമുക്കിത് കഴിയണമെങ്കിൽ കർത്താവിനെ ആ നിലയിൽ സ്നേഹിക്കുന്ന ഒരുവന് ഇന്ന് കേട്ടതുപോലെ സ്വന്തം ജീവനെ വെച്ചു കൊടുക്കാത്ത ഒരുവൻ ഈ കാര്യങ്ങളിലൂടെ കടന്നു എളുപ്പമല്ല ഞാൻ പോലും സപ്രസാദൻ്റെ ഒരു വാക്യം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു ഒരു സുരക്ഷിതത്വം എങ്ങനെയാണ് പോലീസ് പ്രസവൻ്റെ ജീവിതത്തിൽ നിന്ന് കുറേ ലേഖർക്ക് കുറേ ദീർഘലേഖനം എഴുതുമ്പോൾ പത്താം അധ്യായത്തിലൊരു വാക്യം ഇങ്ങനെ എഴുതി പത്തിൻ്റെ മുപ്പത്തിയൊന്നിൽ ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും എല്ലാം ദൈവത്തെ ദൈവമഹ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യേറ്റവും ചെറിയ കാര്യം അതായത് തിന്നാലും ഒരു തിന്നുമ്പോഴും കുടിക്കുമ്പോഴും നമ്മൾ കാര്യം ചെയ്യുന്ന ഏത് സാഹചര്യവും വളരെ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്ന ഏത് കാര്യവും കൂട്ടുകാർ കൂടി കുഞ്ഞുങ്ങളെ ഒന്നിച്ച് ഒരു കോഫി ഷോപ്പിൽ പോകുമ്പോഴും നാം ചോദിക്കണമെന്നാണ് നമ്മുടെ സുരക്ഷിതത്തിനായിട്ട് പോലും സെപ്സൺ പറഞ്ഞത് ഇത് ദൈവത്തെ എന്നെ മഹത്വം കൊണ്ടുവരുമോ എന്തുകൊണ്ടാണ് യൂതായിക്ക് അവിടെ ആ പാവം സ്ത്രീ ആ വെങ്കൽപ്പട്ടനി പൊട്ടിച്ച പോയിന്ന് കേട്ടതുപോലെ അവിടെ തൻ്റെ ഹൃദയത്തിൽ ഒരു പ്രകോപനമുണ്ടായത് അവിടെ എങ്ങനെയാണ് യുവത ഈ മുന്നൂറ് ദിനാറിലെ അറിയാനടിയായത് നമുക്ക് കർത്താവിൻ്റെ ഹൃദയം അറിയാൻ പറ്റാതെ പോയത് കർത്താവിൻ്റെ മഹത്വം ഒരിക്കലും തന്നെ അന്വേഷിച്ചില്ല മറിച്ച് തൻ്റെ വ്യക്തിപരമായ ലാഭം ഇദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയാൽ അല്ലെങ്കിൽ ഈ വഴിക്ക് ഇറങ്ങിയാൽ എന്താണ് എനിക്ക് കിട്ടുക എനിക്കെന്താണ് മെച്ചം എന്ന് ചിന്തിച്ച ഒരു ജീവിതത്തിൻ്റെ സ്വാഭാവിക പ്രതികരണമാണത് എന്ത് ദുഃഖകരമായ കഥാവിൻ്റെ ഹൃദയമറിയാത്ത ഒരു വ്യക്തി ഞാനിങ്ങനെ ഓർക്കുക ഒരു ഞാനിങ്ങനെ കേട്ടി കേട്ടിട്ടുള്ളൊരു ഒരു ഒരു വയലിനിസ്റ്റിനെ പറ്റി കേട്ടിട്ടുണ്ട് ജോഷു അബല് ജോഷു അബല് ലോക കണ്ട വളരെ പ്രസിദ്ധനായ ഒരു വയലിനിസ്റ്റാണ് അദ്ദേഹത്തിനൊരു വയലിൻ അക്കാഡമി തന്നെയുണ്ട് അവിടെ താന് ഒരു ഇൻസ്ട്രക്ടറായിട്ട് അനേകം പേരെ ട്രെയിൻ ചെയ്യുന്നൊരു വ്യക്തിയാണ് സാധാരണ ഒരു അദ്ദേഹത്തിൻ്റെ കോയർ തന്നെ ഒരു നാൽപ്പത്തി നാല് പേരുള്ളൊരു ഒരു കോയറാണ് അദ്ദേഹം ഓർക്കസ്ട്ര ആണ് അദ്ദേഹത്തിൻ്റെ നമുക്കറിയാം ഓർക്കസ്ട്രാടെ മുമ്പിൽ അതിൻ്റെ ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ അത് കമ്പോസ് ചെയ്ത ആൾ ഒരു ബാറ്റേൺ കയ്യിൽ വെച്ച ആ അതിൻ്റെ ആരോഹണം അവരോഹണം ഒക്കെ നിയന്ത്രിക്കുന്നത് എവിടാണ് ആ ആ ഗാനത്തിൻ്റെ ആ മ്യൂസിക്കിൻ്റെ മുഴുവൻ മർമ്മവും നിയന്ത്രിക്കുന്നതിൻ്റെ ബാറ്റേൺ വെച്ചാണ് പക്ഷേ ജോഷു ഒരിക്കലും ഒരു ബാറ്റേൺ ഉപയോഗിച്ചില്ല മറിച്ച് താൻ അവരുടെ മുമ്പിൽ നിന്ന് തൻ്റെ വയലിൻ്റെ ആ ബോയുടെ ആക്ഷൻ തൻ്റെ പുരികത്തിൻ്റെ ഒരു ചെറിയ വളവ് പോലും അല്ലെങ്കിൽ ഒരു ഒരു ചുളിക്കുന്നത് പോലും ഈ നാൽപ്പത്തിനാല് പേർക്കും കൃത്യമായിട്ട് മനസ്സിലാകുമായിരുന്നു തൻ്റെ ചെറിയൊരു ആ ബോ ചെറിയ ചലനങ്ങളിലൂടെ അദ്ദേഹം സിഗ്നലുകൾ അവരെ അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നു എങ്ങനെയാണ് സാധ്യമായത് എങ്ങനെയാണ് സാധ്യമായത് ആ നിലയിൽ തങ്ങളുടെ ഗുരുവിനെ ശ്രദ്ധിക്കുന്ന അടുത്തറിഞ്ഞ ആ ഓർക്കസ്റ്റ ആ നാൽപ്പത്തി നാല് പേർക്കും തങ്ങളുടെ ഗുരുവാരായിരുന്നറിയാമായിരുന്നു ഒരു വ്യക്തിപരമായ ഗുരുവിൻ്റെ ഹൃദയമറിയുന്ന അച്ചെറിയ ചലനങ്ങൾ പോലും മനസ്സിലാക്കുന്ന ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിലും നമുക്ക് കത്താവുമായിട്ട് ഈ നിലയിൽ ബന്ധമുണ്ടോ യുവതയുടെ ജീവിതം പോലെ ഞങ്ങൾക്ക് യുവത ഒരു പക്ഷേ ഓർത്തത് അത് അപ്രീഷിയേറ്റ് ചെയ്യും കത്താവിൻ്റെ ജീവിതത്തെ അടുത്ത് നിന്ന് കണ്ട യുവധ യുദ്ധ ഈ ലാളിത്യമുള്ള കത്താവ് ഇങ്ങനെ വലിയ വലിയ കൂടിയ ആ ഒരു പ്രതിഫലവും അല്ലെങ്കിൽ അങ്ങനെയുള്ള സമ്മാനങ്ങളൊന്നും പ്രതീക്ഷിക്കാത്തൊരു കർത്താവിന് ഇതൊക്കെ ഒരു എങ്ങനെയാണ് കർത്താവ് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നതെന്ന് യുദ്ധയ്ക്ക് ഒരു ചിന്തയില്ലാതെ പോയി യുദ്ധാവോർത്തം അങ്ങനെയൊക്കെ പറയുമ്പോൾ പത്രഭോശനെ അഭിനന്ദിച്ചതുപോലെ ഹാ എന്നൊക്കെ എവിടെ നിന്ന് കിട്ടും ഈ വെളിപാട് എന്നൊക്കെ പറയുന്നതായിരിക്കും അവർ പക്ഷേ യുദ്ധ സഹിച്ചത് അതുകൊണ്ടായിരിക്കും മുറിപ്പെട്ടതല്ല അവരുടെ മുമ്പിൽ ഒരു അംഗീകാരം പ്രതീക്ഷിച്ച് പറഞ്ഞതുപോലെ പലപ്പോഴും ഈ ഒരു കാപട്യം നമ്മുടെ ജീവിതത്തിലേക്കും കടന്ന് വന്നേക്കാം ഞങ്ങൾക്ക് ചിന്തിക്കുക മുന്നൂറ് ദിനാറയ്ക്ക് വിറ്റ് എന്ന് പറയുമ്പോൾ ഇവനിങ്ങനെ ഈ പെർഫ്യൂമിനെ വിലയറിയുന്നത് ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഈ ലോകത്തിൽ നിന്നുള്ള അനേകം കാര്യങ്ങളിലേക്ക് കർത്താവിനുള്ള ഏകാഗ്രത നമുക്ക് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ലോകത്തിലെ മനോഹരമായ പല കാര്യങ്ങളുണ്ട് സാധാരണ ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ലോകത്തിൽ ഉപയോഗിക്കപ്പെടുന്ന പല കാര്യങ്ങളുണ്ട് ഒരു പുതിയ മോഡൽ കാറാകാം അല്ലെങ്കിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കളാകാം ഈ പരസ്യങ്ങളും ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതേ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മളിതിലേക്കൊക്കെ കണ്ണുകൾ എപ്പോഴും നോക്കുക അവയ്ക്ക് തെറ്റിപ്പോയി ആദ്യം അത് കാണുവാൻ മനോഹരമായിരുന്നു ലോകത്തിൻ്റെതായ കാര്യങ്ങളിലൊരു കാഷ്വലായിട്ടുള്ള മനോഭാവത്തോടെ നമ്മളതിനെ അതിനെ ആകർഷ നമ്മൾ വായിക്കുകയും അതേക്കുറിച്ച് മനസ്സിലാക്കുകയും അല്ലെങ്കിൽ ഒരു ക്രൈസ് അല്ലെ കാറുകൾ ചില കാറിനോട് വലിയ ക്രൈസാണ് കാണുമ്പോൾ എന്താ അതിൽ അതിൽ തന്നെ ഒരു തെറ്റുമില്ല പക്ഷേ മെല്ലെ മെല്ലെ മെല്ലെ നമുക്ക് അവിടെ ഒരു തൻ്റെ ഹൃദയത്തിലേക്ക് ആകെ ഒരു പക്ഷെ യൂതായി ഈ ഒരു ജീവിതമൊക്കെ കാക്ഷിച്ചിട്ടുണ്ടാവാം അതുകൊണ്ടാണല്ലോ പണപ്പെട്ടിയിൽ നിന്ന് സൗകര്യം പോലെ അദ്ദേഹം അത് എടുത്ത് മാറ്റിക്കൊണ്ടിരുന്നത് ആ മുന്നൂറ് ദിനാള തനി തൻ്റെ പട്ടിയിൽ വീഴാത്തതിൻ്റെ ദുഃഖം ഈ തൻ്റെ ലോകത്തോടുള്ള ഈ ഒരു ആസക്തി വളരെ വളരെ സറ്റിലായിട്ട് നമ്മുടെ ജീവിതത്തിലും അതുണ്ടോ എന്ന് ഞാനും എൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പലപ്പോഴും പല സാഹചര്യങ്ങളുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇതുമായിട്ടൊക്കെ നമ്മൾ ബന്ധപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ അവിടെയും നമുക്ക് വിശ്വസനായിട്ട് നിൽക്കണമെങ്കിൽ ഈ ജോഷുവാബിലിനെ ശ്രദ്ധിച്ചതുപോലെ അല്ലേ നമുക്ക് അദ്ദേഹം പന്ത്രണ്ടാം അധ്യായത്തിൽ ആ വാക്യം പറയുന്നത് കത്താവിനെ നോക്കുക കത്താവിനെ വെറുതെ നോക്കുക എന്നുള്ളതല്ല മറിച്ച് കത്താവിൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനം പോലും അറിയത്തക്ക വണ്ണം വ്യക്തിപരമായൊരു ബന്ധത്തിലേക്ക് ഞാനും നിങ്ങളും വരണം എന്ന് കത്താവ് ആഗ്രഹിക്കുന്നു അപ്പം മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക അതിൽ ആദ്യം പറഞ്ഞതാണ് മറ്റുള്ളവരുടെ അല്ല സോറി ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക ഒന്നും പ്രതീക്ഷിക്കാതെ നാം ജീവിക്കണമെങ്കിൽ നമുക്ക് ഈ കാഴ്ചപ്പാട് എന്ത് ചെയ്താലും കർത്താവിനെ നോക്കിക്കൊണ്ട് അവൻ്റെ മഹത്വത്തിനായിട്ട് മാത്രം ജീവിക്കുന്ന ഒരു ജീവിതമായിട്ട് നമ്മുടെ മാറണമെങ്കിൽ അങ്ങനെയുള്ള ജീവിതത്തിന് മാത്രമേ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ കഴിയൂ അപ്പം ബേസിക്കലി ഇന്ന് ബദൽ പറഞ്ഞു തുടങ്ങിയപ്പോൾ എൻ്റെ അദ്ദേഹത്തിൽ ഒത്തിരി സമാധാനം തന്നൊരു വാക്യം ഒരു ചെറിയൊരു വാക്യമാണ് പക്ഷേ അത് യോഹനുശേഷം പതിമൂന്നാം അധ്യായത്തിൽ നിന്നും തുടക്കത്തിൽ പ്രാരംഭമായിട്ട് ബദൽ പറഞ്ഞു ആ കാൽ കഴിയിൽ ശുശ്രൂഷയ്ക്കും മുമ്പായിട്ട് കർത്താവ് പറഞ്ഞൊരു വാക്യം നമുക്ക് സഭയ്ക്കായിട്ട് എത്ര സഭയിൽ എത്ര എത്ര ധൈര്യം തരുന്നൊരു വാക്യമാണ് എന്ന് ഞാൻ ഓർക്കുകയാണ് അവിടെ പതിമൂന്നാം ബദൽ ആദ്യം വായിച്ചതാണ് ഇപ്പോൾ മുമ്പേ താൻ ഈ ലോകം വിട്ടു പിതാവിൻ്റെ ഇടയ്ക്കിൽ പോകുന്നു നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ ലോകത്തെ അത്രമാത്രം അങ്ങ് മുഴുവനായും അങ്ങ് സ്നേഹിച്ചതല്ല തനിക്കുള്ള തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനം വരെ അവരെ സ്നേഹിച്ചു പ്രിയപ്പെട്ടവരെ ആരാ തനിക്കുള്ളവർ നമ്മേ അല്ലേ നമ്മൾ നമുക്ക് വേണ്ടി ജീവൻ തന്ന് കർത്താപ്തൻ്റെ മഹാദേ നമ്മളെ ഓരോരുത്തരെയും മക്കളാക്കി വെച്ചപ്പോൾ നാം എല്ലാവരും തനിക്കുള്ളവരാണ് കർത്താവിനുള്ളവരാണ് പതിനേഴാം അധ്യായത്തിൽ പ്രാർത്ഥിക്കുമ്പോഴും മനോഹരമായ ഈ നിലയിൽ തന്നെ അങ്ങനെയല്ലേ കത്താവ് പ്രാർത്ഥിക്കുന്ന നീ എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നാം ഓരോരുത്തരും ദൈവം കത്താവ് യേശുവിന് നമ്മളെ നമ്മളെ കൊടുത്തു ഈയൊരു അഷ്വറൻസ് എത്രയോ സന്തോഷം നമുക്ക് തരണം യഥാർത്ഥത്തിൽ ഈ സത്യത്തിൻ്റെ ആ തിരിച്ചറിവിൽ നിന്നല്ലേ നമുക്ക് ഇങ്ങനൊരാഗ്രഹം കത്താവേ ഞാൻ എന്ത് ചെയ്താലും എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ചെറിയതായ കാര്യങ്ങളുടെ മുമ്പിലും ഞാനവിടുത്തെ അവിടുത്തെ ഇത് മഹത്വം കൊണ്ടുവരുന്നുണ്ടോ എൻ്റെ ഈ പ്രവൃത്തി അങ്ങനെയൊക്കെ മഹത്തം കൊണ്ടുവരുന്നുണ്ടോ എന്ന് ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യൂ പല കാര്യങ്ങളും ക്ഷമിക്കാൻ പറ്റാത്ത കാര്യങ്ങളും അല്ലെങ്കിൽ മുറിവുകളും ഒക്കെ നമുക്കുണ്ടാവുന്നത് ന നമ്മെ തന്നെ വലുതെന്ന് ശ്രേഷ്ഠ ശ്രേഷ് ശ്രേഷ്ഠരെ നീണ്ടുന്നത് കൊണ്ടല്ലേ എന്ന് ഞാൻ വയ്ക്കുകയാണ് അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഈ ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാത്തൊരു ജീവിതം നമുക്ക് വേണമെങ്കിൽ നാം പരകാര്യങ്ങൾ നമുക്ക് ഒരു വൃത്തമുണ്ടാവണം സ്വകാര്യമായ ഒരു വൃത്തത്തിനുള്ളിൽ സ്വാർത്ഥതയുടെ കാര്യമല്ല പറയും നമുക്ക് ദൈവം നിശ്ചയിച്ച് തന്നിട്ടുള്ള ഒരു പരിധിക്കുള്ളിൽ നാം നിൽക്കണം നാം പലപ്പോഴും പൗരസ പത്ര ലോസഫ് പറഞ്ഞു നിങ്ങൾ പല ഇടപെട്ട് കഷ്ട കാര്യം അതല്ല ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശം മറ്റുള്ളവരുടെ കാര്യത്തിൽ നമുക്ക് ആ ദൈവം നമ്മളെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ പേരൻസിന് തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഭർത്താവും ഭാര്യയും പരസ്പരം ആ ചർച്ചിൽ അങ്ങനെ ആ നിലയിൽ ദൈവം ആ സഹോദരന്മാരും ആ നിലയിൽ അതിനപ്പുറത്തേക്ക് കടക്കുമ്പോഴും നാം ഇപ്പോഴും പല കാര്യങ്ങളിൽ ഇടപെടുന്നവരായിട്ട് നാം ഈ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനും ദൈവത്തെ മഹത്തപ്പെടുന്ന കാര്യത്തിൽ നമ്മൾ ദൂരെ അവിടെയാണ് നമുക്ക് ഈ വീഴ്ചകളെല്ലാം നമുക്ക് തിരിച്ചു ഉപദേശിക്കും നമ്മൾ മുറിപ്പെടും എവിടെ പല നമ്മൾ തന്നെ ആവശ്യമില്ലാതെ കയറി ഇടപെട്ടിട്ട ഈ ബൈബിളിൽ വളരെ മനോഹരമായ ശുശ്രൂഷപ്പെട്ട അത്ഭുതപ്പെടുത്തുന്ന ചില ശുശ്രൂഷകളുണ്ട് ഒരിക്കൽ മാത്രം പരാമർശിക്കപ്പെട്ട് കടന്നു പോയ ചിലർ ലുക്കാർസിന് ശേഷം ചിന്തിക്കുക അതായത് ഒന്നും ദൈവം വരച്ച നിന്ന് ഒന്ന് രണ്ട് വ്യക്തികൾ ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറഞ്ഞു ഞാൻ വായിക്കുമ്പോൾ എൻ്റെ ഹൃദയം രണ്ട് വ്യക്തികളാണ് അവിടെ അവിടെ യോഹന അലൂക്ക ഹോസൻ രണ്ടാം അധ്യായത്തിൽ സിമിയോനും ഹന്ന എന്ന് പറയുന്ന രണ്ട് പ്രവാചകർ അതിനുശേഷം അതിനു മുമ്പോ ഒരു പരാമർശവുമില്ല തങ്ങളുടേതായ ശുശ്രൂഷ നിർവഹിച്ച് ആ സിമിയോൻ പറയുന്നത് തന്നെ അത്ഭുതപ്പെടുത്താറുണ്ട് അവിടെ നമ്മൾ ഭാഗം ചെറുതായി വായിക്കാം രണ്ടിന് ഇരുപത്തഞ്ച് ജെറുസലമിൽ സിമിയോൻ എന്നു പേരുള്ള മനുഷ്യനുണ്ടായിരുന്നു ഈ മനുഷ്യൻ നീതിമാനം ഇസ്രയേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു പരിശുദ്ധാത്മാവും അവൻ്റെ മേലുണ്ടായിരുന്നു നമുക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ അയച്ച് ഇസ്രയേലിനു വേണ്ടി വലിയൊരു ഭാരം കൊടുത്ത് നിർത്തിയൊരു പ്രവാചകൻ ഒരു നീതിമാനായ മനുഷ്യൻ എന്നിട്ട് തനിക്കൊരു ബോധ്യവും കർത്താവ് കൊടുത്തു കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുമ്പ് മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവൻ നല്ലപ്പാടുണ്ടായിരുന്നു അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്നു അപ്പം നമുക്കറിയാം സാഹചര്യം അറിയാം മറിയും ജോസഫും യേശുവിനെ കൈകളുടെ എന്തി രണ്ട് പ്രാവുകളെ അല്ലെ ആ നിലയിൽ കത്താപന് മുമ്പിൽ മകനെ ഈ യേശുവിനെ സമർപ്പിക്കുവാനായിട്ട് പോകുന്ന സാഹചര്യമാണ് അവിടെ അവിടെ നോക്കി ആത്മനിയോഗത്താൽ സിമിയോൻ വന്ന് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ് ഇരുപത്തൊമ്പതാം വക ഇപ്പോൾ നാഥ തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നത് നമുക്ക് തന്നെ വലിയ ഒരു വെളിപ്പാട് പ്രാപിച്ചവനാണ് പരിശുദ്ധാത്മാവ് നിയോഗത്താൽ കത്താവിൻ്റെ ക്രിസ്തുവിനെ കാണാതെ മരണം കഴിയുക മരിക്കുകയില്ല എന്നല്ല ചെയ്യപ്പെട്ടവൻ അവിടെ ആത്മാവ് തന്നെ കൂട്ടിക്കൊണ്ടുപോയി ഈ കത്താവിനെ കാണിച്ചുകൊടുത്ത് കരങ്ങളിലേന്തി ആ മാതാപിതാക്കളെയും കുഞ്ഞിനെയും അനുഗ്രഹിക്കാൻ ഭാഗ്യം ലഭിച്ചവൻ നമുക്ക് അവിടെയും താന് അടുത്ത ഇനി എന്തെന്നുള്ള അടുത്ത ശുശ്രൂഷയെപ്പറ്റി അല്ല പറയുന്നു മറിച്ച് അടിയനെ സമാധാനത്തോടെ എൻ്റെ നിയോഗം നീ എനിക്കായി കൽപ്പിച്ച ആ പരിധിക്കുള്ളിൽ ഞാൻ എന്നെ തന്നെ പിതാവേ കത്താവേ ദൈവമേ എന്നെ സമാധാനത്തോടെ അങ്ങ് വിട്ടയക്കുന്നല്ലോ തുടരുന്നതിനെപ്പറ്റിയല്ല നോക്കി ദൈവം വരച്ച വൃത്തത്തിനുള്ളിൽ പരിശുദ്ധാൻ മാമൻ്റെ നിയോഗത്താൽ ജീവിച്ച വ്യക്തി അതുപോലെ തന്നെ ആ അവർ മറിയെപ്പറ്റി മറിയോടൊരു പ്രവചനം പറയുന്നു എൻ്റെ ഒരു വാള് കടന്നുപോകും ഇവനെ ഇസ്രയേൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും ഒത്തുപറയുന്ന അടയാളത്തിനുമായി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് തൻ്റെ ശുശ്രൂഷ അവസാനിപ്പിക്കുക പത്ത് മിനിറ്റ് ഒരു ജീവിതകാലം മുഴുവൻ കാത്തിരുന്ന് പത്ത് മിനിറ്റ് കൊണ്ട് ശുശ്രൂഷ തകച്ചവൻ ഇപ്പം നമുക്ക് പലപ്പോഴും ഈ നിലയിൽ എന്തെങ്കിലും നിരാശ കടന്നു കൊണ്ടുവരുന്നത് എൻ്റെ ജീവിതം ഇഫക്റ്റീവായില്ല കർത്താവിന് ആ നിലയിൽ കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നൊന്നും നമുക്ക് വിചാരിച്ച് സങ്കടപ്പെടേണ്ട കാര്യമില്ല ദൈവം നമുക്കായിട്ട് കരുതിയിട്ടുള്ളത് അത് ആത്യന്തികമായിട്ട് നമ്മുടെ നന്മയ്ക്കാണെങ്കിൽ ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന കാര്യങ്ങളും നിർവഹിക്കാൻ മതിയായവനായ ഒരു കത്താവ് നമുക്കുണ്ട് അപ്പം നമുക്ക് നമ്മളുടെ വൃത്തത്തിനുള്ളിൽ നിന്ന് ദൈവം നമ്മെ ഏൽപ്പിച്ചതിനോട് വിശ്വസ്തരായിട്ട് എപ്പോഴും നമ്മെ തന്നെ ശോധന ചെയ്തു കത്താവേ ഞാനിപ്പോൾ ചെയ്യുന്ന ഈ കാര്യം അങ്ങേക്ക് മഹത്വം കൊണ്ടുവരുമോ ഞാനിപ്പോൾ ഈ സഹോദരനോട് സംസാരിച്ച് ഈ കാര്യം അല്ലെങ്കിൽ എൻ്റെ ഈ ഉപദേശം നമുക്ക് വളരെ എളുപ്പമാണ് ഉപദേശിക്കാം എല്ലാവരും ഉപദേശിക്കുക കഥാവേ ഇതങ്ങേക്ക് മഹത്വം കൊണ്ടുവരുന്നുണ്ടോ അതോ യുവദാസനെ പോലെ ഞാൻ ഇതൊരു മറുതലിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു റിബല്യൺ എൻ്റെ ഹൃദയത്തിൽ വരാനായിട്ട് ഇടയാകുമോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം ഞാനും ഈ ഇന്ന് കേട്ട വചനത്തിനു മുമ്പിൽ മാനസാന്തരപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ജീവിതത്തിലും പലതും ക്രമീകരിക്കേണ്ടതുണ്ട് എന്ന് പരിശുദ്ധം അവനെ ഏറ്റവും ഏറ്റവും അടുത്ത സമയം തന്നെ അത് ദൈവഹിത തന്നെ അത് അതിലേക്ക് പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു സഭയുടെ പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു